അങ്ങനെ അവൻ രണ്ടു ദിവസങ്ങൾ കൊണ്ട് അവയെ ഏഴ് ആകാശങ്ങളായി പൂർത്തിയാക്കി ഓരോ ആകാശത്തിലും അതിന്റെ കൽപ്പന അവൻ വെളിപ്പെടുത്തി ഏറ്റവും അടുത്ത ആകാശത്തെ ഞങ്ങൾ വിളക്കുകൾ കൊണ്ടും സംരക്ഷണവും കൊണ്ട് അലങ്കരിച്ചു പ്രതാപശാലിയുമെല്ലാം അറിയുന്നവനുമായ വാഹുസുബഹാനഹൂവ തയാലായുടെ നിശ്ചയമാണത്